കോശങ്ങളെ പഠിച്ചു നോക്കണം കോശത്തിൻ്റെ പ്രായം പഠിച്ചു നോക്കണം കോശം രൂപാന്തരപ്പെടുന്ന സ്ഥലം പഠിച്ചു നോക്കണം ഇത് ഞങ്ങൾ പഠിച്ചതാണ് സ്കൂളിൽ നിന്ന് പക്ഷെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള പഠിപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നിങ്ങൾ പഠിച്ച ഒരേ സ്കൂളിൽ തന്നെയൊക്കെ തന്നെയായിരിക്കും വ്യത്യാസം ഉണ്ടായിട്ടല്ല ഞങ്ങൾ പഠിച്ച സമയത്ത് നിന്റെ കാവ്യ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവില്ല ദൈവാദീനം അങ്ങനെ പറഞ്ഞുള്ളൊ അന്ന് ഇങ്ങനെ പഠിപ്പിച്ചു തന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ ഇവൻ ഇന്നലെ പറഞ്ഞത് അങ്ങനെയാണ് അന്നിങ്ങനെ പഠിപ്പിക്കുന്നവരില്ലായിരുന്നു ഡോക്ടർ ഏതായാലും ഭംഗിയുള്ള പാഴ്സലാ പറഞ്ഞു അന്നിങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അത് പിന്നെയാ കൊള്ളാം എന്ന പഠിക്കുമ്പോൾ ഇപ്പൊ അവന് പിടിയുണ്ടി മറ്റേ അവൻ എപ്പോഴും പറയുന്ന ഒരു പരാതി ഇതാണ് ഇന്ന് ഇങ്ങനെയുള്ളൊരു മാഷുണ്ടായിരുന്നില്ല കാരണം മാഷ്വന്റെ കൂടെ കശുമാവിന്റെ പുറകിൽ പോയി പഠിപ്പിച്ചില്ല അപ്പൊ കോശത്തിന്റെ അറിവിൽ നിഹിതമായിരിക്കുന്ന സങ്കല്പ സൃഷ്ടങ്ങളായ കാരണം ആ കോശത്തിലാണ് അറിവെന്നുള്ളതിന് സംഘടിതമായി നിങ്ങളൊരു മതം സ്വീകരിച്ചാൽ ഒരു ജാതി സ്വീകരിച്ചാൽ ഒരു വർണ്ണം സ്വീകരിച്ചാൽ ഒരാശ്രമം സ്വീകരിച്ചാൽ അതിൽ നിൽക്കാൻ കോശം അനുവദിച്ചുകൊള്ളണം എന്നില്ല അവിടെയാണ് സന്യാസിയിലെ ഗൃഹസ്ഥനും ഗൃഹസ്ഥനിലെ സന്യാസിയും ഒക്കെ അവൻ അറിയാതെ കോശാന്തര വ്യാപാരത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പത്രക്കാർക്ക് വിഷയമാകുന്നത് അപ്പൊ ആശ്രമ ആചാരങ്ങളും വർണ്ണ വിവേചനങ്ങളും എല്ലാം സന്തോഷത്തിന് പകരം വൈയക്തികവും സാമൂഹികവുമായ ഒട്ടനേകം പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് ഈ കോശ കോശാന്തര വ്യാപാരത്തിലാണ് അവിടം പരിണമിപ്പിക്കാൻ പഠിക്കണം പഠിക്കുമ്പോ ടൈപ്പ് റൈറ്റിങ് അവന്റെ മസ്തിഷ്കം പഠിച്ചാൽ പോരാ അതിന് പുസ്തകം വായിച്ചാ മതി പക്ഷെ അവന്റെ വിരലിന്റെ കോശങ്ങളുടെ മസ്തിഷ്കം പഠിക്കണം അപ്പോഴേ അവൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അതാണ് അതിന്റെ വ്യത്യാസം ഇതാ വ്യാപാരം കോശത്തിലേക്ക് എത്തിയാശമസ്തിഷ്കത്തെ ഏൽപ്പിച്ചാ ചില പിള്ളേരെ നീന്തൽ പിടിപ്പിക്കുമ്പോ അറിയാം കൈ ഇങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കോശം വേഗം പഠിച്ചാൽ അവനങ്ങ് നീന്തിപ്പോകും കണ്ടിട്ടില്ല നമ്മള് കൈയില്ല അവനങ്ങൾ നീതിപ്പോവും സൈക്കിളെ കയറ്റി വിട്ടാൽ അറിയാം പിന്നെ സൈക്കിളെ കയറ്റി വിട്ടാല് എന്റെ പുറകെ പതുക്കിങ്ങനെ പിടിച്ചിട്ടുണ്ടെന്നാണ് അവൻ ചവിട്ടിയു പോയി കഴിയുമ്പോഴാണ് നമ്മള് വിട്ടുനിറിയാ വിട്ടുനിന്നറിയും താഴെ പിടിച്ചു കാരണം അവന്റെ ആ കോശം മനസ്സിലാക്കി പോയതാണ് തിരിച്ചു വന്നിട്ട് കട്ടിലേക്ക് കിടക്കുമ്പോൾ കട്ടിലേക്ക് കിടക്കലേ ചെയ്യുന്നത് സൈക്കിള് ചവിട്ടിക്കൊണ്ടിരിക്കയെ ആ കോശം ചവിട്ടും അറിയില്ല സൈക്ലിംഗ് പഠിച്ചിട്ടുണ്ടാവില്ല ആ സൈക്ലിംഗ് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ആ പഠിച്ച ദിവസം വന്ന് കിടക്കുമ്പോൾ ഈ പൃഷ്ഠഭാഗത്തുള്ള ആ പേശികളുടെ കോശങ്ങൾ സൈക്കിള് ചവിട്ടിക്കൊണ്ടിരിക്കും കുറെ കൂടെ നീന്തി കഴിഞ്ഞ് വന്ന് കിടന്നാൽ ആ കോശങ്ങൾ നീന്തിക്കൊണ്ടിരിക്കും ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കും അപ്പൊ കോശാന്തര വ്യാപാരത്തിലേക്ക് അറിവെത്തിച്ചാൽ ജന്മജന്മാന്തരങ്ങളിൽ കോശങ്ങളിലെത്തിച്ച് അറിവുകൊണ്ടാണ് പഠിക്കാതെ ഇണചേരാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അത് പഠിപ്പിക്കാറില്ലാലും ഇനിയിപ്പോ അതുകൂടെ പഠിപ്പിക്കാൻ പോവാൽ അത് കോശവ്യാപാരമാണ് കോശത്തിന് തിരിച്ചറിയും കോശത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവും കോശം അതിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് പോകും അത് കോശത്തിൽ നിന്ന് പോകുന്നത് അറിവ് കൊണ്ട് മാത്രമായിരിക്കും അറിവിനെ സ്വാംശീകരിച്ച് ധ്യാനാത്മകമായി കോശപര്യന്തം എത്തിച്ച് കോശദ്രവങ്ങളിൽ നിന്ന് അറിവിന്റെ ആന്തോളനങ്ങളെ മാറ്റിയെടുക്കാതെ മുക്തി ഉണ്ടാവില്ല മസിൽ പിടിച്ചാൽ ഒന്നും കഴിച്ചില്ല ഇവിടെ ഇതിന്റെ പ്രശ്നം കിടക്കുന്നത് നമ്മുടെ കല നമ്മുടെ സാഹിത്യം നമ്മുടെ അറിവുകൾ നമ്മുടെ സങ്കല്പനങ്ങൾ ഇവയൊക്കെ ഈ കോശ വെച്ച് പഠിച്ചാൽ അതിസങ്കീർണങ്ങളാണ് അതീവ ലളിതങ്ങളുമാണ് പരിഹാരം ലളിതവും പഠനം സങ്കീർണവുമാണ് അങ്ങനെ പഠിച്ചവരാണ് ഇതൊക്കെ പറഞ്ഞത് പണ്ട് അവരുടേതായി അറിവുകളുണ്ട് അപ്പോ ഓരോ വ്യക്തിയെയും എടുത്താൽ ആ സാമൂഹിക തലങ്ങളിൽ വൈയക്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ അതിലേക്ക് നയിക്കുമോ എന്ന് അന്വേഷിക്കേണ്ടതാണ് അപ്പൊ സമഗ്രമായ വ്യക്തിപ്രതിഭയെ പൂർവാനുസാരിയായ കർമ്മ മേഖലയിലേക്കും ഒരു വ്യക്തിയുടെ പ്രതിഭയെ പൂർവാനുസാരിയായ കർമ്മമേഖലയിലേക്കും അവിടെയാണ് മനുഷ്യന് അസ്വതന്ത്രനാകുന്നത് എൻ്റെ കയ്യ് എൻ്റെ കാല് എൻ്റെ മൂക്ക് എന്റെ നാക്ക് ഈ അവയവങ്ങളും അതിലെ കോശങ്ങളുമൊക്കെ ഒട്ടേറെ അറിവിന്റെ സമാഹാരമായി നിൽക്കുമ്പോൾ ആ അറിവിന്റെ ആന്തോളനങ്ങൾ പൂർവ പൂർവ ജനിതകങ്ങളിലൂടെ രൂപാന്തരപ്പെട്ടതാണെങ്കിൽ ഇന്ന് രൂപാന്തരപ്പെടുന്നതല്ലെങ്കിൽ തികച്ചും അസ്വതന്ത്രനാണ് ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യമൊരു മരീചികയാണ് ഇന്ത്യ സ്വതന്ത്രയായാൽ മനസ്സിലായില്ല പ്രായപൂർത്തി ഓട്ടവകാശം വന്നാൽ നിങ്ങളുടെ കോശത്തിന് നിങ്ങൾ സ്വതന്ത്രനാവൂ പ്രായപൂർത്തി ഓട്ടവകാശമൊക്കെയായി നിന്റെ ആഗ്രഹമൊക്കെ എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഭാഗവടം പടിയിൽ ഭാഗവും ചെയ്തുതന്നാൽ അമ്മയോടുള്ള മമത കോശത്തിൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ സ്വതന്ത്രനാണെന്ന് പറയാൻ പറ്റുമോ നടന്നു പോകുമ്പോ നൂറ് പമ്പിള്ളേർ നടന്നു വരുന്നതിൻ്റെ ഇടന്ന് ഒരെണ്ണത്തിനോട് മമത തോന്നി പിറ്റേ ദിവസവും അതിനെ കാണണം തോന്നി സമയമായപ്പോ അവിടെ പോയി നിന്ന് പിന്നെ ഫോൺ ചെയ്ത് പിന്നെ മെസ്സേജ് അയച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ട് പിന്നെ അവള് പറയുന്നിടത്തൊക്കെ നിൽക്കുകയും ഇരിക്കുകയും കിടക്കുകയും ചെയ്ത് തന്തയും തള്ളേയും വേണ്ടതാ എന്ന തലത്തിലേക്ക് മാറിയിട്ട് ഞാൻ സർവതന്ത്ര സ്വാതന്ത്ര്യനാണെന്ന് കൈമോക്കി പറഞ്ഞാൽ ശരിയല്ല എന്ന് തോന്നി എവിടെയാണ് ഈ സ്വാതന്ത്ര്യം ഒരു സ്വാതന്ത്ര്യമില്ല അതാ മസ്തിഷ്കത്തെ ഭരിച്ചോണ്ടിരിക്കുന്നത് മസ്തിഷ്കത്തിലെ ഓരോ മസ്തിഷ്കം മാത്രമല്ല ഓരോ കോശവും ഈ അസ്വാതന്ത്ര്യത്തിന്റെ ഒരു മണമൊന്ന് കേട്ടാൽ പൂർവ്വസ്മൃതി ഉണർത്തുന്ന ആ മണർത്തിൻ്റെ പിന്നാലെ പോവും മനസ്സിലായില്ല ഒരാശ്രമത്തില് ചെന്നിരുത്താൻ ചേർന്നു വേറെ മൂന്നാല് പേരും ചേർന്ന് പിള്ളേരെല്ലാം കൂടെ പഠിക്കാൻ കൂടിയിരിക്കുകയാണ് അവിടെ ഒരു ആചാര്യനുണ്ട് അതിലൊക്കെ എം പിയിലായിട്ട് പഠിപ്പിക്കുന്നു അപ്പം ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങളൊക്കെ വെജിറ്റേറിയൻസ് ആണെന്നൊക്കെ പറഞ്ഞ് ആശ്രമത്തിൽ ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഗുരു ഒരു ദിവസം ഒരു ശിഷ്യനെയും വിളിച്ചിട്ട് പറഞ്ഞു എടാ നമുക്കൊരു വഴിക്ക് പോകണം ഒരു പ്രഭാഷണമുണ്ട് വേറെ ക്ലാസ്സുണ്ട് മറ്റൊണ്ട് മറിച്ചുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് വരികയുള്ളൂ ഇപ്പോൾ ഗുരുവും ശിഷ്യനും ഒരു ശിഷ്യനും കൂടെ പോയി പുസ്തകമൊക്കെ എടുത്തുപോയി അത് കുറേ ദൂരം പോയപ്പോഴത്തേക്ക് ഗുരു പറഞ്ഞിട്ട് ആ ഒരു സാധനം മറന്നുപോയി നമുക്കൊന്ന് തിരിച്ചു പോകാം അല്ലെങ്കിൽ എന്നാ ക്ലാസ് വേണ്ടാന്ന് നോക്കാം രണ്ടുപേരൂടെ തിരിച്ചു വന്നു പോയിട്ട് തിരിച്ചു വരുന്നത് ഏതാണ്ട് രാവിലെ ഏഴ് മണിക്ക് പോയ അയാൾ വരുന്നത് നാല് മണിക്കാണ് നാല് മണിക്ക് വന്നപ്പോഴേക്ക് ശിഷ്യന്മാരൊക്കെ നട്ടോട്ടമാണ് ആശ്രമത്തിലുള്ളവർ ഒരുത്തൻ അങ്ങോട്ടോടുന്നു ഒരുത്തൻ ഇങ്ങോട്ട് ഓടുന്നു പരസ്പരം കണ്ണിൽ കണ്ണിലൊക്കെ നോക്കുന്നു അങ്ങനെ ഒരു വെള്ളമൊക്കെ നടക്കുകയാണ് അപ്പം ഗുരുവൊന്നും ശ്രദ്ധിക്കാത്ത പോലെ ഒന്നു ഭക്ഷണം കഴിക്കുന്നിടത്ത് ഭക്ഷണം കഴിക്കുന്ന ഇടത്തെത്തി ഭക്ഷണമൊക്കെ എടുത്തു വെക്കാൻ തുടങ്ങിയപ്പോൾ ഗുരു അകത്തേക്ക് വന്നു അകത്തേക്ക് വന്നപ്പോൾ ഒരു ശിഷ്യനിങ്ങനെ കിളിത്തട്ട് കളിക്കുന്ന പോലെ നിൽക്കുകയാണ് അപ്പം ഗുരുന്ന് പറഞ്ഞാൽ എന്തോ ഇവനീ കിളിത്തട്ട് കളിക്കുന്നതാണ് അപ്പോൾ ഒരു തരത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞൊരു പാത്രം എടുക്കുകയും ഗുരുനാഥ് ഗുരു ഗുരു ഗുരുനാഥ അപ്പം ഉടനെ ചോദിച്ചെന്തോ പറ്റിയിട അല്ലാതെ ആ സ്ലയമാണല്ലേ ഗുരുവാദം എടുക്കനാ ഗുരു പറഞ്ഞ് തീഷ്കന്ധക സ്ഥലമാണ് ഇത് വീട്ടിൽ വെച്ച് ഉണ്ടാക്കി നിന്ന് അവിടെ ജീവിച്ചാൽ പോരായിരുന്നു ഇത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമല്ല ഉണ്ടായിരുന്നു നീ കൊറേ കാലം കൂടെ അവിടെ ജീവിച്ചത് മടുക്കി പോന്ന കാരണം ഗുരു പോയ സമയത്ത് ഈ പഴയ വാസന വന്നു ആരോ മത്തിക്കാർ പോയായിരുന്നു ഗുരുവില്ലല്ലോ എന്നോർത്ത് മേടിച്ച് കരുവച്ചതാ ഈ വാസനം ഇടൂല ഇത് പിടിക്കും കുറെ കാലം വേണ്ടെന്ന് നോക്കും പിന്നെ ഇതിന്റെ മണം വരുമ്പോ ഒരു ഓർമ്മ വരും മിക്കവാറും അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ഈ വാസന എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അത് കോശത്തിലിരിക്കുന്ന സല എന്ന് പറഞ്ഞാൽ താമരവളയം ഗന്ധമുള്ള താമരവളയം വെള്ളത്തിൽ വളരുന്നതാണല്ലോ അല്ലല്ലീഷ് ഗന്ധ തീഷ്ണമായ ഗന്ധമുള്ള താമരവളയം അപ്പൊ ഗുരു കുറച്ചുകൂടെ ഇതിലെല്ലാം ഈ പ്രശ്നമുണ്ട് നമ്മുടെ വാസനക്ക് അനുസരിച്ചാണ് അത് ഉണരുന്നത് എപ്പോഴെന്ന് പറയാൻ പറ്റില്ല മൃത്യു പോലും വിവാസന ഉണരും അമ്പത് കൊല്ലം നാമം ജവിച്ച സ്വാമി സമാധിയാകാൻ കിടക്കുമ്പോൾ തെറിയേ വെറുകൊക്കെ തെരുവിളിക്കാം അപ്പൊ ശിഷ്യന്മാരൊക്കെ ആയിരിക്കും എന്ത് പറ്റും കല്ലിൽ ശാത്രത്തിലും ഇത്രയും നല്ല തിരക്കറിയല്ല വെറുതെ ഉണ്ടോന എന്ന് പറയുന്ന ഒരു സാധനം വല്ലാത്തൊരു സാധനമാണ് നമ്മൾ പിടിക്കുന്ന പോലെ വരുന്ന അത് മുഴുവൻ കോശത്തിലാണ് കിടക്കുന്നത് ഈ രോഗങ്ങളെല്ലാം കോശത്തിൽ അറിവായി കിടക്കുന്നതാണ് കോശ തലം വരച്ചെന്ന് മുട്ടേ വേണം പുറത്തു പോകാൻ അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമോ അറിയുക സമഗ്രമായ വ്യക്തിപ്രതിഭയെ പൂർവാനുസാരിയായ കർമ്മ മേഖലയിലേക്കും സങ്കല്പങ്ങളിലേക്കും ജീവിതായോധനത്തിലേക്കും സാമൂഹിക ശരീരത്തിന് അസ്വസ്ഥതയുണ്ടാക്കാതെ കടന്നുപോകാൻ അനുവദിക്കാത്ത സാമാജികതയിൽ മൊത്തം വൈശ്വാനൊന്നാണെന്ന് സങ്കല്പിച്ച് അതിലൊന്നിനുപോലും കേടുവരുത്താതെ സ്വച്ഛന്തമായി കടന്നു പോകാൻ അനുവദിക്കാത്തൊരു സാമാജികത വളർന്നാൽ ഒട്ടേറെ രോഗങ്ങൾ ഉണ്ടാവും ഇതാണ് ആധുനികനും പൗരാണികനും തമ്മിലുള്ള വ്യത്യാസം തൻ്റെ ജീവിതം തൻ്റെ കുടുംബത്തിൽ തൻ്റെ സമൂഹത്തിൽ തൻ്റെ വൈയക്തിക തലങ്ങളിൽ തൻ്റെ സാമാജിക തലങ്ങളിൽ ഒന്നിനുപോലും പോറലേൽപ്പിക്കാതെ സ്വച്ഛന്തമായി കടന്നു പോകാവുന്ന ഒരു സൂക്ഷ്മ സഞ്ചരിക്കുമ്പോൾ അത് ഉളവാക്കുന്ന പ്രതിഭാധനമായ അറിവ് അവിടെ ആ അല്ലെങ്കിൽ ഇതെല്ലാം സംജാതമാകും അപ്പൊ ഇത്തരം വരെ അവർ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് പറയാം അപ്പോ ആ കോശ സ്വഭാവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് അപ്പോ താൻ തന്നിൽ തന്നെ ഇരുന്ന് നാശം അതായത് തൻ്റെ വ്യക്തിപ്രതിഭ പൂർവാനുസാരിയായ കർമ്മ മേഖലകളിലേക്കും സങ്കല്പങ്ങളിലേക്കും ജീവിതായോധനത്തിലേക്കും സാമൂഹിക ശരീരത്തിന് അസ്വസ്ഥതയുണ്ടാക്കാതെ സമൂഹം ഒന്നാകെ ഒരു ശരീരമാണെന്ന് സങ്കല്പിച്ച് ഭാര്യ പുത്രൻ ബന്ധു ശത്രു മിത്രം ഭരണം എന്നു തുടങ്ങി ഈ തോട്ടൽ വരുന്നതെല്ലാം ചേർന്ന് ഒരു ശരീരമാണെന്ന് സങ്കല്പിച്ചാൽ ആ ശരീരത്തിന്റെ ഒരു അംഗം മാത്രമാണ് താനെന്ന് അറിഞ്ഞ് ആ ശരീരത്തിന് യാതൊരു കോട്ടവും ഉണ്ടാക്കാതെ അസ്വസ്ഥതയും ഉണ്ടാക്കാതെ കടന്നുപോകാൻ അനുവദിക്കാത്ത സാമാജികതയിൽ തന്നിൽ തന്നെ ഇരുന്ന് നാശം അത്തരം ഒരു സാമാഹചികതയിൽ തൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് തന്നെ നശിപ്പിക്കുവാനുള്ള നാശം വിതയ്ക്കുന്ന കോശ സ്വഭാവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് അർബുദം എന്ന് കരുതുന്നതിൽ അപാകത എന്നാണ് അവരുടെ കണക്ക് സ്വഭാവം ഒന്ന് മാറിയാൽ അർബുദം വിതയ്ക്കുന്ന കോശങ്ങൾ ശാന്തമാവും ഒരു മാനസിക ഉല്ലാസം ഒരു മാനസിക ഉത്തേജനം കോശദ്രവങ്ങളിൽ പരിണാമം ഉണ്ടാക്കുന്ന അല്പമാത്രമായ ഔഷധം ഇത്രയൊക്കെ വേണ്ടും ഇത് ഭയക്കേണ്ട ഒരു സാധനമേ അല്ല ഇത് പഠിക്കുമ്പോൾ വളരെ എളുപ്പത്തിലാണ് ഇതിന്റെ ലോകം സങ്കല്പത്തിൽ നിന്നുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ച് ഹിംസാസ്തേമം പൈശുനം പരുഷം അനുധംസം ഭിന്നാലാപം വ്യാപാരം അഭിദ്ദൃപര്യം പാപം കർമ്മേദി ദശത കായവാങ്മ സസ്ചേ മര്യാദ പാലിച്ച് മര്യാദയോട് കോശത്തിന്റെ അഭിരുചിക്കനുസരിച്ച് മര്യാദയേറി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ നമ്മളെ നശിപ്പിക്കുന്ന നമ്മിലെ കോശങ്ങൾ ശാന്തമായി തീരുകയും നാശം വിതയ്ക്കുന്ന അവ പിൻവാങ്ങുകയും ചെയ്യുമ്പോൾ കോശ കോശാന്തര വ്യാപാരത്തിൻ്റെ വാർദ്ധക്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര സ്വച്ഛന്തം പിൻവാങ്ങുകയും ജീവിതം ക്രമാനുബദ്ധമായി തീരുകയും ചെയ്യും ത്രയുള്ളിപ്പണി ഇതാരെങ്കിലുമൊക്കെ വാക്കുകൊണ്ട് ആരെങ്കിലുമൊക്കെ പ്രവൃത്തി കൊണ്ട് ആരെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും സാമീപ്യം കൊണ്ട് കോശത്തിൽ ഈ അറിവ് സംജാതമാകുമ്പോൾ ഇത് മാറി കുറേ കാലം നിൽക്കുമ്പോഴോ പൂർണ്ണമായി മാറുമ്പോഴോ ഇതൊക്കെ ഔഷധം കൊണ്ട് മാറി ലോകത്തിലുള്ള ഔഷധം വാങ്ങി വിഴുങ്ങാൻ ഓടി നടക്കാതെ ഈ സത്യം ഒന്ന് പഠിച്ചാൽ എടുക്കുക ഇതിനൊരു സുഖമുണ്ട് കേൾക്കുമ്പോഴെങ്കിലും കേൾക്കുമ്പോഴെങ്കിലും കാരണം അതിലൊരു കവിതയുണ്ട് അതിൽ ശാസ്ത്രവുമുണ്ട് ഇതാണ് ഭാരതീയൻ്റെ ശാസ്ത്രത്തിൻ്റെ കാവ്യകേടി ഇവിടെയാണ് ഇത് മുഴുവൻ ഞാൻ അവതരിപ്പിച്ചത് നിങ്ങളുടെ കോശ വ്യാപാരത്തെ വെച്ച് മാത്രമാണ് നിങ്ങൾക്ക് സംശയം തോന്നുന്നവർക്ക് ഇഷ്ടം പോലെ റെഫറൻസ് ഗ്രന്ഥങ്ങൾ തരാം അലക്സിസ് കാറലിനെയോ ഹേബ്രിക്കിനെയോ ഒക്കെ നിങ്ങൾക്ക് റെഫർ ആധുനികരിൽ ആധുനികരെന്ന് പേര് കേട്ട അലക്സിസ് കാറലിൻ്റെയും സ്മിത്തേഴ്സിന്റെയും ഒക്കെ പഠനങ്ങളിലൂടെ നിങ്ങക്ക് പോവാം അവിടെ ഒന്നും നിങ്ങൾക്ക് വിയോജിക്കാനാവില്ല ഇതിനോട് സ്മിത്തേഴ്സൊക്കെ ഒട്ടേറെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ രംഗത്ത് അവിടെ വെറുതെ ഇരിക്കുമ്പോൾ പുസ്തകമൊക്കെ എടുത്ത് വായിച്ചു നോക്കുക അതിന് പ്രയാസമായിരുന്നു കാരണം മൊബൈൽ കയ്യിലുണ്ടായിപ്പോയില്ലേ മൊബൈലുള്ളവന് വായിക്കാൻ പറ്റില്ല കൊറേ സീരിയലും കൂടെ എൻ്റെ പിന്നെ പറയാൻ വേണ്ട വീട്ടിൽ ഒരു ടിവിയും ഒരു മൊബൈലും മേടിച്ച് കൊച്ചിന് മുതലുണ്ടെങ്കിൽ പിന്നെ അവൻ പഠിക്കാൻ പറ്റുന്ന പ്രശ്നമില്ല അവൻ്റെ ജീവിതം പാഴായി എന്ന് തീരുമാനിച്ച ഒരു മൊബൈലും ഡേവിയും കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ ജീവിതം പാഴായി രണ്ടും എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം പാലായി ഇത്രയുള്ള വ്യത്യാസം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കൈലോക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ കൈലോക്കുണ്ടെന്ന് തോന്നുന്നു ഇതാണ് ആ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കലെന്ന് പറഞ്ഞ പരിപാടി അതും കൂടെ ആയാ പറയുന്ന അത് അയക്കാനോടെ പഠിച്ച പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നു എനിക്ക് പിടിക്കും എനിക്ക് തോന്നില്ല എന്റെ ഗതി എന്തായിരിക്കും ഞാൻ ചിരിക്കുന്നത് അപ്പോ എന്നിൽ തന്നെ ഇരുന്ന് എന്റെ നാശം വിതയ്ക്കുന്ന എന്റെ കോശം മഹാഭാരതത്തിൽ ചൊല്ലും യുധിഷ്ഠിര അമ്പുകൾക്കോ കൃത്യന്മാർക്കോ നീ പഠിച്ച വിദ്യകൾക്കോ ഒന്നും ചെയ്യാനാകാതെ നീ നിന്നോട് ചെയ്യേണ്ടി വരുന്ന ഒരു യുദ്ധമുണ്ട് ഗംഭീരമായി പറയുന്ന ഒരു രംഗം എൻറെ കോശം എനിക്കെതിരായി ഗൂഢാലോചന നടത്തുമ്പോൾ ഞാൻ ഊട്ടി ഞാൻ കണ്ടും കേട്ടും വളർത്തിക്കൊണ്ടുവന്ന ഈ എൻറെ കോശങ്ങൾ എന്നിലിരുന്ന് എനിക്കെതിരായി നീങ്ങുമ്പോൾ എൻ്റെ പ്രയത്നങ്ങളും ഞാൻ സമ്പാദിച്ചവയും നിഷലമാകുമ്പോൾ ആതുര സങ്കല്പത്തിന്റെ ലോകങ്ങളിലേക്ക് നിങ്ങൾ എത്തി നോക്കിയാൽ ഈ യുദ്ധം ബോധ്യമാവും അമ്പുകൾ ഭൃത്യന്മാർ ബന്ധുക്കൾ പഠിച്ച വിദ്യ പരിചയക്കാർ ഇവരൊക്കെ നിസാരരാകുന്ന എന്റെ ശത്രു എന്നിലിരുന്ന് കോശാന്തര വ്യാപാരത്തിലൂടെ കോശകോശങ്ങളെ പുനർജനിപ്പിക്കുമ്പോൾ എന്നെയും എൻ്റെ പരമ്പരകളെയും ഹിംസാതന്തുരമായ വിനാശത്തിലേക്ക് തള്ളിയിടുമ്പോൾ ഞാൻ കുടിച്ചു നിർത്ത വെള്ളത്തിന്റെയും ഞാൻ കഴിച്ച് ദഹിപ്പിച്ചെടുത്തിയ ആഹാരങ്ങളുടെയും ഞാൻ ഉപയോഗിച്ച് തള്ളിയ ഔഷധങ്ങളുടെയും പട്ടികകളൊന്നും ഏൽക്കാതെ എന്റെ അന്തസ്ഥ തലങ്ങളിൽ ശോഭായമാനമായ ഇന്നലകളെ മുക്കിത്താത്തി ഇന്നിന്റെ വിഷലിത്ത മുഹൂർത്തങ്ങളെ സൃഷ്ടിക്കുന്ന കോശ വ്യാപാരത്തിന്റെ അകാല വാർദ്ധക്യത്തിലേക്കുള്ള എന്റെ യാത്ര അതത്ര അത്ഭുതം കാവ്യാത്മകതയിൽ പറഞ്ഞത് ശാസ്ത്രം നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിലും അതിന്റെ കവിത നിങ്ങൾ സമ്മതിക്കുമെന്ന് വിചാരിക്കാം ശരിയല്ല രണ്ടാ രണ്ടും ബോധ്യാണ് എവിടെയാ പ്രത്യേകത നടക്കുന്നത് ശ്രദ്ധിച്ചു പിടിക്കേണ്ടതാണ് ലക്ഷോപലക്ഷം വരുന്ന കോശ സമൂഹത്തിൽ ഓരോ കോശത്തെ സംബന്ധിച്ചും കോശദ്വയ ധാരകത്വം പരിചിന്ന കോശദ്വയാരകത്വം എസ്സി അതൊന്നും എളുപ്പം മനസ്സിലാവും മറ്റൊന്നും എളുപ്പം മനസ്സിലാവില്ല അത് പ്രാചീന ഭാഷയാണ് നാടിന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് എഫ് സി ടി സി പഠനാർഹമാകുന്നത് ഇവിടെയാണ് കോശപ്രവർത്തനത്തിന്റെ കോശം ഇങ്ങനെ വർധിക്കുന്നതിൻ്റെ പ്രകർഷണ വർദ്ധിക്കുന്നതിൻ്റെ ഒരു കോശം രണ്ട് പുത്രികാ കോശങ്ങളായി പരിണമിക്കുന്നതിൻ്റെ അതിലൊന്ന് വീണ്ടും പരിണമിക്കുകയും ഒന്ന് പരിണമിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം അത് എൻസെല്ലാം ഒന്ന് വീണ്ടും സ്റ്റെംസ് എല്ലാണ് ചിലത് രണ്ടും സ്റ്റെംസ് എല്ലായിട്ടാണ് ഉള്ളത് അപ്പൊ നാലായിട്ട് പരിണമിക്കുന്നതിൻ്റെ ഈ രണ്ട് പരിണാമം വെച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ അരിത്തമറ്റിക് സീരീസും എക്സ്പോണെൻഷ്യൽ സീരീസും സമാന്തര ശ്രേണിയും ശ്രേണിയും ഇ പി എങ്കിലും ഒരു ക്ലാസ്സിലും കേറിയിരുന്നിട്ടില്ല അതോ പഠിച്ചൊക്കെ സൂത്രത്തിൽ വെച്ചിട്ട് ഉണ്ടായിരിക്കും പ്രവർത്തനത്തിന്റെ വെളിച്ചത്തിൽ ഉള്ള ഒരു വർഗീകരണത്തിന്റെയും അതുവഴി വിവിധ തരങ്ങളായ സമൂഹങ്ങളുടെ പഠനത്തിന്റെയും അനിവാര്യതയെ ഈ രംഗം വിളിച്ചുതന്നത് എവിടെയാണ് പഠനത്തിനൊരുങ്ങുമ്പോൾ ലക്ഷ്യത്തെ ഉറപ്പിച്ചു നിർത്തി പഠനം കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെടുന്ന നൂതന വിദ്യാ സങ്കേതങ്ങൾ അബദ്ധജടിലങ്ങളുടെ ശാഖാൻവിതങ്ങളായ അറിവിലേക്ക് കടന്നു പോകുമ്പോൾ അറിവിന് സംഭവിക്കുന്ന പരാഭവം ഇന്ന് കാണാതെ പോകുന്നു എന്ന് മാത്രം അതുകൊണ്ടാണ് ഈ പഠനം അപരിമിതമായി തന്നിട്ടുള്ളത് പഠിക്കാൻ എളുപ്പമാണ് കാരണം കോശങ്ങളെയൊക്കെ ഉപയോഗിച്ച് പഠനങ്ങൾ ഒട്ടേറെ അവയ്ക്ക് അറിവിന്റെ ലോകങ്ങളിൽ അംഗീകാരവും ലഭിക്കുന്നുണ്ട് വ്യാവസായിക പ്രാധാന്യം അറിവിന്റെ അനുഭൂതികളെ നശിപ്പിക്കുകയും കൂടിയാവുമ്പോൾ എങ്ങനെയാണ് അർബുദം ഉണ്ടാകുന്നത് എന്ന് കോശ പഠനങ്ങളെ ആധാരമാക്കി ജനത പഠിച്ചു കഴിഞ്ഞാൽ വ്യാവസായിക പ്രാധാന്യം അറിവിനെ മുക്കിക്കൊല്ലില്ല മരുന്നെല്ലാം എടുത്ത് പ്രയോഗിക്കില്ല പരീക്ഷണം കഴിഞ്ഞു മുമ്പ് വരുന്ന് കേറ്റി നോക്കില്ല എന്റെ അറിവ് ശരിയാണെങ്കിൽ നൂതന സങ്കേതങ്ങളുള്ള ഇന്ത്യയിലെ എല്ലാ ആശുപത്രികളും പരീക്ഷണശാലകളാണെന്ന് അമേരിക്കയിൽ നിന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് ഹിന്ദു പേരിന് മാറ്റം ഉണ്ടാകാൻ മാസം മുമ്പുള്ള ഹിന്ദു ആയിരുന്നു തോന്നു അല്ലായിട്ടില്ല ഒരു മാസേ ആയിട്ടു കോപ്പി തരാം നിങ്ങൾക്ക് സംശയം തോന്നുന്നു നിങ്ങളെ ചികിത്സിക്കുകയല്ലേ എന്നത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് പലർക്കും ഈ രോഗമുണ്ടായിട്ട് തന്നെ അല്ല പരീക്ഷിക്കുന്നതെന്ന് പോലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ല വ്യക്തമായ തെളിവുകളോടെ എഴുതിയിരിക്കുന്ന മൂന്നാട്ടുകൾ ആയിരുന്നു തോന്നൂലേ രണ്ടോ മൂന്നോ ആയിരുന്നു അതിലൊന്നാണ് ഞാനീ പറഞ്ഞത് ഹിന്ദുവാണ് പബ്ലിഷ് ചെയ്ത് കാണിക്കുകയും ചെയ്യാം അല്ലെ ഹിന്ദുവിന്റെ വെബ്സൈറ്റിൽ കയറിയാ നമുക്ക് കിട്ടും പ്രയാസമൊന്നുമില്ല പത്രങ്ങൾക്ക് വെബ്സൈറ്റിലുള്ളതുകൊണ്ട് നിങ്ങളൊക്കെ രാവിലെ മുതലേ വേണ്ടാത്തത് കാണാൻ വെബ്സൈറ്റും തുറന്നിരിക്കുന്നവരായതുകൊണ്ട് ഒരു അല്പനേരം വേണ്ടതൊന്നും കണ്ടാൽ മതി കുഴപ്പമില്ല അല്ലെ വിഭവല്ലോ വെബ്സൈറ്റിലാണോന്ന് തോന്നുന്നു രാവിലെ മുതൽ അതുകൊണ്ടാണ് ഈ പ്രഷറും പ്രമേയവും കൂടുകയും ചെയ്യുന്നത് അതുകൊണ്ട് കുറച്ചുനേരം ഒന്ന് കയറി നോക്കിയാ മതി കുഴപ്പമില്ല അല്ല കൃത്യമായി അറിയാം എന്റെ കാരണം ഇതാണ് വ്യാവസായിക പ്രാധാന്യമാണ് അപ്പൊ ആ ഏതാണ്ട് പത്മവ്യൂഹം പോലെ പുറത്തു കിടക്കുവാൻ ദുസ്തരവുമാണ് നിങ്ങളെ നിർബന്ധിച്ച് ഒപ്പിടിക്കും പുറത്തേക്ക് പറ്റില്ല അകത്തേക്ക് മാത്രം പോളാണ് പത്മവ്യൂഹം ആ വ്യൂഹരചന എങ്ങനെയാണ് ബന്ധുക്കൾ അതിന് നിർബന്ധിക്കും നിങ്ങളുടെ ബന്ധുക്കളെയും കൂട്ടിയാ പോകുന്നത് നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ തന്നെ ഇത് പരീക്ഷിക്കാനാണ് പോകുന്നത് അതുകൊണ്ട് ഇത് വേണ്ട തീരുമാനിക്കാൻ ബന്ധുക്കൾ കാരണം ബന്ധുക്കളും നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു കിരിപ്പന്നിയായിട്ടാണ് നാളെ അവർക്ക് വന്നാൽ എന്തു ചെയ്യണം എന്നറിയാം അതുകൊണ്ട് വളരെ വലിയ ഇടപാടാണിത് ആധുനിക അറിവിന്റെ പത്മവ്യൂഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് അതിൽ നിന്ന് പുറത്തു കിടക്കാനാവാതെ സ്വയം വഞ്ചിതരായി ഭരിക്കുമ്പോഴും വീരസ്വർഗത്തിന്റെയും അപ്സരസുകളുടെ വർണ്ണ മാലയത്തിന്റെയും സ്വപ്ന പോലെ വരും തലമുറകൾക്കും ആവേശം നൽകുകയും ചെയ്യും നല്ലൊരു ഗുണമുണ്ടിത് മരിക്കുകയാണെങ്കിലും വീട്ടിൽ കിടന്നല്ലല്ലോന്നുള്ളൊരു സമാനം നാലാം നില കിടന്നല്ലേ മരിക്കുന്നു സ്വർഗത്തിലേക്ക് അത്രയും ദൂരം കുറച്ച് പോയാൽ ആ അതെ അവര് കൈയെടുത്തുകൊണ്ട് കൊണ്ടുപോകും അപ്പൊ അതാ വരണമാന്യം ഇട്ട് മാലാഖമാർ മരിക്കുമെന്നും സ്വർഗരാജ്യത്തേക്ക് വേഗമെത്തുമെന്നും ഒക്കെ ചിന്തിക്കാവുന്ന ഒരു ലോകമാണ് അതൊരു ആവേശം തരുന്ന ലോകമാണ് അതുകൊണ്ട് നല്ലതാണതെന്ന് പറയാതെ വയ്യ അപ്പോ സമഗ്രമായൊരു ചിന്തയും പാഠ്യപദ്ധതിയും നമുക്ക് അതുകൊണ്ട് പാടേ നഷ്ടമായിട്ടുണ്ട് കോശപ്രവൃത്ത സ്വഭാവത്തെ കണക്കിലെടുത്ത് പഠനങ്ങൾ നടത്തിയവരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ വലിയൊരു പഠനമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സെൽഫ് പോപ്പുലേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ബിഹേവിയർ അദ്ദേഹത്തിന്റെ നല്ലൊരു പഠനമാണ് ഇതിനെയൊക്കെ ആസ്പദമാക്കി നിങ്ങൾ ചുറ്റുപാട് നടക്കുന്ന ക്യാൻസറുകളെ പഠനം നടത്തിയാൽ ഇത് മനസ്സിലാവുകയും ചെയ്യും ഇനി കോശവിഭജന പ്രക്രിയയാണ് ക്യാൻസറിനെ നമ്മളിൽ ഉണ്ടാക്കുന്നത് എന്ന് നോക്കുന്നത് ഉചിതമാണ് സമയം തൈ ഇൻറ്റിനേറ്റുകളും അപ്പം അതടുത്ത ക്ലാസ്സിലെടുക്കാം കാരണം കോശവിഭജനം പലതരത്തിലുണ്ട് സ്റ്റാറ്റിക് സെൽ പോപ്പുലേഷനുണ്ട് അതുപോലെ തന്നെ നവ്യ കോശ സമൂഹങ്ങളുണ്ട് അവയൊക്കെ അടിസ്ഥാനപ്പെടുത്തി ആധുനികരും പൗരാണികരുമായ ആളുകൾ നടത്തിയ ഒട്ടേറെ പഠനങ്ങൾ മാനസികത്തെ മാറ്റിയ പെട്ടെന്നാരോ ഇത് മാറൂടാ എന്ന് ആരെങ്കിലും തോളത്ത് തട്ടി പറയുമ്പോൾ മാറുമെന്ന് ഉള്ളങ്ങ് സ്വീകരിച്ചു കോശത്തിലേക്ക് അറിവ് എന്നാൽ പുല്ലുപോലെ സാധനം മാറും പിറ്റത് നമ്മൾ ഓടിയാണ് അത്രയുള്ളി സാധനം കേൾക്കുമ്പോൾ എനിക്ക് ജിരി അതിനെ മാജിക്കുകാരൻ പെട്ടിക്കാത്തടയ്ക്കുന്ന പെൺകുട്ടിയെ പോലെ കുറച്ച് മരുന്നുകളും ഉണ്ടെങ്കിൽ എളുപ്പമായിരുന്നുമാണ് അങ്ങനല്ല കാരണം എന്താന്ന് വെച്ചാല് ഈ പെൺകുട്ടിയെ അവിടെയുള്ളതല്ല ഈ പെട്ടി എവിടെയുള്ളതല്ല എന്ന് പറയുന്ന പോലെ വള്ളിപ്പെടണം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാൽ ഇത് എളുപ്പം മനസ്സിലാവും നമ്മുടെ മസ്തിഷ്കത്തിൽ മാത്രമല്ല ഇതോരോ കോശത്തിലും ഉണ്ട് അറിവ് അതുകൊണ്ടാണ് പാടുന്നവന് രാഗം വിസ്തരിക്കാൻ പറ്റുന്നത് ആ കോശമാണ് പരിശീലിക്കുന്നത് ശബ്ദശാസ്ത്രത്തിൽ മനസ്സിലായില്ല വണ്ടിയോട്ടുന്നവന് വർത്തമാനം പറഞ്ഞുകൊണ്ട് വണ്ടിയോട്ടാൻ പറ്റുന്നത് അവന്റെ കാലിന്റെയും കൈയുടെയും കോശങ്ങളാണ് പരിശീലിച്ചിരിക്കുന്ന വീട്ടില ഇപ്പൊ ഉള്ളതിന് എന്ത് പ്രാധാന്യം കൊടുക്കണം നമ്മുടെ വീട്ടിൽ നിന്ന് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവും ഇത് നിങ്ങൾ പഠിച്ചെടുക്കാമോ പഠിച്ചെടുക്കാം എന്നിട്ട് ചാകര ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ചത്തിട്ട് അതുപോലെ മീനും തിന്നും ആ മീൻ വല്ല വാതനം പിടിച്ചുകൊണ്ടുപോയി തിന്നും അവനീ അറിവുണ്ടാവും നിങ്ങൾക്കുണ്ടായില്ലെങ്കിൽ അതുകൊണ്ട് ഇതേതി ചെയ്യാൻ പറ്റുള്ളൂ അല്ല നമ്മള് ലോകം ഉണ്ടാക്കാനായി തിരിച്ചാൽ ഇതൊന്നും ആവശ്യമില്ല നിങ്ങൾ ലോകത്തെ കാണുന്നത് ഈ അവസ്ഥയിലൊന്ന് കണ്ടുനോക്കുക അതിന് രസം ഉണ്ടോന്നോ നിങ്ങളുടെ കാലൊന്ന് മുറിഞ്ഞാൽ കാല് മുറിഞ്ഞു എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് പിറ്റേ രാവിലെ നോക്കാൻ ചുറ്റും പൊള്ളങ്കിൽ കാല് കുറിഞ്ഞത് ആരും ഇല്ലാന്ന് പറഞ്ഞാൽ അതിലേക്ക് മൂത്രം ഒഴിച്ചിട്ട് പോകുന്നവൻ ഒഴിവ് സെർജിക്ക് പോകാതെ പിറ്റൊരുത്താൻ പോകുന്നു മൂത്രം മരുന്നൊന്നുമല്ല എല്ലാവരും അറിയാം മുറാർജി കുടിച്ചെന്ന് പറഞ്ഞത് മരുന്നൊന്നുമല്ല അത് പുറത്തേക്ക് പോകുന്നൊരു കൊള്ളുകാലാത്ത വിധാന കൊള്ളുന്നതായിരുന്നെങ്കിൽ പിന്നെ അത് പുറത്തോട്ട് കളയേണ്ട ആവശ്യമില്ലായിരുന്നു ശരീരം തന്നെ അകത്ത് വെച്ചേ ഇത് മരുന്നാണെന്ന് പറഞ്ഞ് കുടിച്ചുകൊണ്ടാണ് മാറിയത് ഓട്ടോയൂറിൻ തെറാപ്പിയിലൊക്കെ ഇത് മരുന്നാണെന്ന് പറഞ്ഞ് കുടിക്കുന്നതുകൊണ്ട് കുറവ് കിട്ടും അതും ഇങ്ങനെ തന്നെയാണ് ജന്മജന്മാന്തരങ്ങളിൽ കോശങ്ങളിൽ ബോധമുണ്ട് ഗോമൂത്രം നല്ലതാണ് ആ ബോധം കൊണ്ടാണ് ഞങ്ങൾ തരുന്നത് ആ ബോധം മാറ്റിമറിക്കാനാ ആധുനിക വിദ്യാഭ്യാസം മുറ്റത്ത് നിൽക്കുന്ന ആ ചെടി എന്നെ ഔഷധമാണെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കോശങ്ങളിലെ അറിവ് കിടക്കുന്നോണ്ട് ആരുടെ അടുത്ത് വരുമ്പോൾ മാറുന്നത് കോശങ്ങളിലെ അറിവ് തിരിച്ചായവന് കൊടുത്താൽ ചൊറിയും പറിയും ആയുർവേദം കഴിച്ചാൽ ഉടനെ വയറിളകും കാരണം അവന്റെ കോശത്തിൽ ഇത് ഗുണമായിട്ടല്ല കയറിയിരിക്കുന്നത് നിങ്ങളൊരു മരുന്ന് ആദ്യം തരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം രോഗം വരും ആദ്യം ഇവിടെ അമ്പത് കൊല്ലം മുമ്പ് കണ്ടുപിടിച്ച പെൻസിലിന് സുഖമായിട്ട് ഓടിയതാണ് നൂറ് ടാബ്ലെറ്റ് കഴിച്ചിട്ട് ഒരുത്തനും ചൊറിഞ്ഞില്ല അതിനിടയിൽ ഏതോ ഒരു ഡോക്ടർ പറഞ്ഞു ഇത് ചൊറിയാൻ സാധ്യതയുണ്ട് ചിലർക്കുക എന്ന് പറഞ്ഞു പിറ്റേ പോകുന്നവനൊക്കെ ചൊറിയുമോ ഡോക്ടറെ അത് ചോദിച്ച് കോശങ്ങളിൽ ചൊറിച്ചിലെത്തി അപ്പൊ അവന് ചൊറിച്ചിൽ ഓടങ്ങി അടുത്തവന് ഇത് അടിച്ചാൽ അന്നേരം ചിലപ്പോൾ ചത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞു പിന്നെ നാലുപേര് ചത്തു ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് ആയി നിങ്ങളുടെ കോശത്തിൽ ഇത് വിപരീത അറിവുകളായി വീഴുന്നില്ലെങ്കിൽ ഈ രോഗത്തിൽ ഒരു വിഷവും നിങ്ങൾക്കൊരു ചുഃഖം സംഭവിപ്പിക്കുന്നില്ല പാമ്പ് കടിച്ചാൽ പോലും നല്ല പാമ്പ് കടിച്ചാൽ അങ്ങനെയാണല്ലോ എൻ്റെ സത്യം പാമ്പിൻ്റെത് വിഷമൊന്നും അല്ല നല്ല പ്രോട്ടീനാണ് ഹാർഡ് പ്രോട്ടീനാണ് ബ്ലഡ് ചെല്ലുന്നതുകൊണ്ടാണ് കുഴപ്പമെന്ന് അതുകൊണ്ടാണ് കിഡ്നിയെയും അരിക്കാൻ ചെല്ലുമ്പോൾ കിഡ്നിയെ ബാധിക്കുന്നതുകൊണ്ടാണ് അല്ലാതെ ഇത് വിഷമമൊന്നും ആണെന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമില്ല ഹാർട്ടിൽ ചെല്ലുമ്പോൾ ഹാർട്ടിനെ ബാധിക്കും അത് തലച്ചോറിലെത്തുമ്പോൾ തലച്ചോറിനെ ബാധിക്കും ചില പാമ്പിൻ്റെ വെള്ളം തലച്ചോറിലാണ് കുഴപ്പം ചിലത് കിഡ്നിയിലാണ് കുഴപ്പം ചിലത് മറ്റേ ഇവിടെ ഹാർട്ടിലാണ് കുഴപ്പം അല്ലാതെ ഇത് നേരിട്ടും കഴിച്ചാൽ ഒരു കുഴപ്പമില്ല നല്ല ഒന്നാം പ്രോട്ടീനാണ് മുട്ട മുട്ടയുടെ മഞ്ഞക്കരുവ് പോലെ ഇരിക്കും യാതൊരു അപകടവും ഉള്ള നേരിട്ട് ബ്ലഡിലോട്ട് കൊടുത്താലേ കുഴപ്പമുള്ളൂ അതുകൊണ്ട് ഈ സാധനമൊക്കെ നിങ്ങൾക്ക് കുഴപ്പമായി തീരുന്നത് നിങ്ങളുടെ ബോധതല്ലജങ്ങൾക്ക് അനുസരിച്ചാണ് ഭൂമിയിൽ ഒരു കുഴപ്പവും ഇല്ലാന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന സാധാരണക്കാരന് ഒന്നും കുഴപ്പമില്ലല്ലോ പിടിയിട്ടില്ല പിഴീ വഴിയിലൊക്കെ പണിയുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഓടയിലെ വെള്ളമാണ് കുടിക്കുന്നതിലവർ വണ്ടി ആലപ്പുഴക്കാർ കുടിച്ചിരുന്നത് മുഴുവൻ അവര് തന്നെ കക്കൂസിലോട്ട് പോകുന്ന വെള്ളമാണ് അവിടെ ചെന്ന് കാണാം എന്നാലും വിളിച്ചു വൈരഞ്ചിന്ന് പോയി ബന്ധുവിനെ കാണാൻ പോയി അവിടെ പോയി താമസിച്ചാൽ അതുകൊണ്ട് കൈരഞ്ചുകാരെ അവിടെ ബന്ധം ഉണ്ടാക്കിയില്ല പോയാൽ രോഗം കൊണ്ടേ തിരിച്ചു വരികയുള്ളൂ ഇതിന് കാരണം എന്ന് വെച്ചാൽ ഇവൻ കുടിക്കുന്നത് ഈ വെള്ളമല്ല അവിടെയാകുമ്പോൾ രണ്ട് കമ്പിങ്ങനെ വെച്ചിട്ടുണ്ടൊരു ഓലെ മുറച്ച് കേട്ടിട്ടുണ്ട് അവിടെയൊക്കെ കൂസി പോകുന്നത് ആൾ മീനും ഉണ്ടാവും ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം നോക്കി ഞാൻ കുടിക്കുകയും ചെയ്യും വെള്ളം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നില്ല ഒരു രോഗം വന്നില്ല സിലിക്ക കൂടുതലുള്ള ഒന്നും വന്നില്ല അടുത്ത കാലത്ത് ആലപ്പുഴയിൽ ക്രോമറ്റോസിസ് കൂടുതൽ കാണാൻ തുടങ്ങി ഇപ്പോൾ കണ്ടുപിടിച്ച് സിലിക്ക കൂടുതലായിട്ടാണ് അപ്പൂപ്പനുണ്ടായില്ല അപ്പൂപ്പൻ്റെ ചരിത്രത്തിനകത്ത് സിലിക്കയെ വേർതിരിക്കുന്ന സാധനം ഉണ്ടായിരുന്നു അത് അത് വേറെ ഈ കീടനാശിനിയും മണ്ണീന്നൊക്കെ എടുത്തോ ഭൂമി നിൽക്കുകയോ ഒക്കെയാണ് ഇത് കീടനാശിനി അല്ല എന്ന് വിചാരിച്ചുകൊണ്ട് കഴിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് കൊതുകും മറ്റേ കീടങ്ങളുമൊക്കെ കീടനാശിനിയെ അതിജീവിക്കുമ്പോൾ മനുഷ്യൻ മാത്രം അതിന് ഇരയാകുന്നത് അവൻ കണ്ടുപിടിച്ച് അവൻ തന്നെ ഇരയാകുന്നു കാരണം അവൻ്റെ റിസർച്ചിലാണ് പറഞ്ഞിരിക്കുന്നത് ഇത്ര വീതി ഉള്ളത് ഇത്ര ആളുകളെ തകർക്കും ഇത്ര പേരെ കൊല്ലുക എന്നൊക്കെ ആ കൊല്ലും നോക്കി അവൻ്റെ ബോധത്തിലുള്ളൂ കൊതുകിന്റെ ബോധത്തിലില്ല അത് രണ്ടു തവണ അടിച്ചു കഴിയുമ്പോൾ കൊതുക് ഒരു ചെയ്യും അടുത്ത ജനിതകത്തിനകത്ത് അതിനെ അതിജീവിക്കുന്നതിനെ സൃഷ്ടിക്കും മനസ്സിലായില്ല ആദ്യത്തെ പരാമരൊക്കെ അടിക്കുമ്പോൾ കൊതുകുകയാവുമായിരുന്നു രണ്ടാമത്തെ പരാമറ കുപ്പിക്കാത്തരത്ത് കൊതുകിനെ അതിനകത്ത് ഇട്ടു കഴിഞ്ഞാൽ അവൻ സുന്ദരമായിട്ട് പായസം കുടിക്കുന്ന പോലെ കാരണം പ്രകൃതി അതിജീവനത്തിൻ്റെതാണ് അതിനുള്ള ബോധമല്ല ഞങ്ങൾ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ശാസ്ത്രീയമായ അറിവിന്റെ അല്പത്തം സമയായി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങൾക്ക് പിടിക്കുന്ന കാര്യമൊന്നുമല്ല നിങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് എനിക്കൊരു സുഖമായതുകൊണ്ടാണ് നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതിയും അസന്തോ ജയമുദീര ഹരിയോ